അപ്പോൾ ഒന്ന് ഞാൻ അവർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഒരു ഹിന്ദു കുടുംബത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അപ്പോൾ ഒരു മൂന്ന് പെൺകുട്ടികൾക്ക് ഒരു ആങ്ങളെയായിട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറയായിരുന്നു എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ആഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു ആൺകുട്ടിയായതുകൊണ്ട് ഈ മോനത് അത് കിട്ടും സിസ്റ്റേഴ്സിന് കൊടുക്കാതെ ഈ ഈ കുഞ്ഞിന് അത് കൊടുക്കും എന്താ അത് മലയാളത്തിൽ പറയുന്ന പേര് മുഖപക്ഷം അല്ലേ അപ്പോൾ നമ്മൾ പല സ്ഥലത്തും നമ്മൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ മുഖപക്ഷം എന്താണ് നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് പാർഷ്യാലിറ്റി ചിലപ്പോൾ നമ്മൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണെങ്കിൽ ചില ടീച്ചേഴ്സിന് ചില പെറ്റ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഇല്ലേ അവരോട് എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യണേ അപ്പോൾ നമുക്കറിയാം ഓക്കെ അങ്ങനെ നമുക്കറിയാം ഒരു മുഖപക്ഷം ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനൊരു മടിയായിരിക്കും ഓ ഞാൻ പോയിട്ട് കാര്യമില്ല അല്ലേ ഞങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ഒരു കുറച്ച് ഞാൻ ഒരു വിശ്വാസികളുടെ സഭയിലല്ല ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ അവിടെ കുറച്ച് ഒന്നോ രണ്ടോ പെന്തു കോസ് കുടുംബങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരെപ്പോഴും വെള്ളയും വെള്ളയും ധരിക്കുകയും അപ്പോൾ എനിക്ക് ഉള്ളിൽ അവരോടൊരു അകൽച്ച ഉണ്ടായിരുന്നു കാരണം അവർ പറയണത് അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താ അവർക്ക് മാത്രമായിട്ടൊരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട ഇപ്പോൾ ഇവരും സ്പെഷ്യലായിട്ടുള്ളതാണെങ്കിൽ വേണ്ട അല്ലേ നിങ്ങളിപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്നവർക്കറിയാം നിങ്ങൾ ഒരു അടുത്ത ലെവലിൽ ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ ജില്ലാ ലെവലിലോ സംസ്ഥാന തലത്തിലൊക്കെ സെലക്ഷന് നിങ്ങൾ പോകുകയാണെങ്കിൽ പലതരത്തിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് കളിക്കാനറിയാമെങ്കിൽ തന്നെയും നിങ്ങളെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാതെ ഒന്ന് നിങ്ങളെ പറ്റി കുറച്ച് സമൂഹത്തിൽ സ്വാധീനമുള്ള ആൾക്കാര് പറയാതെ നമുക്കതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയില്ല അപ്പോൾ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ദൈവവോചനങ്ങളൊക്കെ കേട്ടു ദാനിയലിനെ പറ്റി കേട്ടു പൗലോസിനെ പറ്റി കേട്ടു വില്യം ഗാരിയെപ്പറ്റി കേട്ടു ഒത്തിരി വലിയ വില്യം പൂത്തിനെ കുറിച്ച് കേട്ടു വലിയ ദൈവദാസന്മാരും അവരിൽ കൂടെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചിന്ത എന്താണ് ഓക്കെ വലിയ ആൾക്കാരും അവരുടെ വലിയ ദൈവവും ഇല്ലേ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റുമോ ഞാനൊരു സാധാരണ ചെറുപ്പക്കാരൻ എൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് എന്നോട് എൻ്റെ ഈ ചെവിയിൽ എന്നോടൊരു വ്യക്തി സുവിശേഷം പറഞ്ഞു യേശു ക്രിസ്തു അടുത്ത് നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളിൽ ക്ഷമിക്കും അപ്പോൾ എൻ്റെ ഈ വലത്തേ ചെവിക്കൂടെ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോഴത്തെ ചെവിയിലൂടെ വേറെ വാക്കുകൾ വന്നു അതായത് ചെറിയ ചെറിയ പാകങ്ങളൊക്കെ ഒരുപക്ഷെ കർത്താവിന് ക്ഷമിക്കാൻ പറ്റേക്കും പക്ഷേ നിൻ്റേത് വലിയ പാപമാണ് അത് ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുമോ നമുക്ക് വേദപുസ്തകം ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിന് നമ്മളോടുള്ള മനോഭാവം എന്താണ് നമുക്കിവിടെ അപ്പോസ്ഥല പ്രവർത്തികളിൽ പത്തിൻ്റെ മുപ്പത്തിനാല് അപ്പോ സ്ഥല പ്രവർത്തികള് പത്തിന്റെ മുപ്പത്തിനാല് യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അന്നത്തെ ഇസ്രായേലിയർ ഉണ്ടായിരുന്നു അതുകൂടാതെ ജാതിയരായ ജനങ്ങളുണ്ടായിരുന്നു അപ്പൊ അന്നത്തെ മനസ്സിലാക്കലെന്ന് വെച്ചാൽ ദൈവവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഇസ്രായേലിയർക്ക് മാത്രമാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ജാതികൾക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു മടി കാരണം ഇത് എനിക്കുള്ളതല്ലോ അങ്ങനെയായിരുന്നു അവരുടെ ഉള്ളിലെ മനോഭാവം പക്ഷേ ഇവിടെ പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ജാതികളുടെ അടുത്തേക്ക് സുശേഷവുമായിട്ട് പോകാനായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ പത്തിൻ്റെ മുപ്പത്തിനാല് അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു പൗലോസിൻ്റെ പത്രോസിൻ്റെ ജീവിതത്തിൽ പത്രോസിൻ്റെ ഉള്ളിൽ മാനസാന്തരം വന്ന ഒരു ഒരു ഒരു ഏരിയ ആണത് കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല പത്രോസും ധരിച്ചിരുന്നത് പത്രോസിൻ്റെ ഈവൻ പത്രോസ് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതിന് ശേഷം പോലും പത്രോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അത് എനിക്ക് എനിക്ക് മാത്രം എനിക്കും ഇസ്രായേലിയർക്കും മാത്രമുള്ളതാണ് പക്ഷേ ദൈവം വളരെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്ത കാര്യം ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സത്യം വേദപുസ്തകത്തിൽ കണ്ടപ്പോൾ ഇപ്പോൾ വിക്ടർ ബ്രദർ ബാംഗ്ലൂർ യൂത്ത് കോൺഫറൻസിൽ പ്രസംഗിച്ചപ്പോൾ വിക്ടർ ബ്രദറിൻ്റെ ആദ്യകാലത്തെ പറ്റി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു ബ്രദർ വിക്ടർ പാപത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ബ്രദർ വിക്ടർ ദൈവത്തോട് ചോദിക്കുമായിരുന്നു ഈ പറയുന്ന ജീവിതം ഇത് ബ്രദർ സാക്കിന് മാത്രമുള്ളതാണോ ദൈവമേ എനിക്കും കൂടി ഉള്ളതല്ലേ അപ്പോൾ അതെനിക്കും തരണം അങ്ങനെ പറഞ്ഞ് ബ്രദർ വിക്ടർ വിക്ടർ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് അവിടെ ബാംഗ്ലൂർ യൂത്ത് കോൺഫറൻസിൽ ബ്രദറ് പറഞ്ഞു അപ്പോൾ ഒന്ന് ഇത് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ദൈവത്തിന് മുഖപക്ഷമില്ല അവനെ ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ പോകുന്ന ഏവർക്കും ഏവരെയും അവൻ അംഗീകരിക്കും അപ്പം നിങ്ങളിവിടെ വന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ദൈവത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അത് ദൈവം ഓൾറെഡി അംഗീകരിച്ച് കഴിഞ്ഞു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇനി ഒരു ഒരു വചനം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്ന ഒന്നാമധ്യായം ഒമ്പതാമത്തെ വചനം ഇവിടെ നാം വായിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്ന് വന്നുകൊണ്ടിരുന്നു ചില മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നതെന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അല്ല ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഒരു ദൈവ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫ്യൂസായ ബൾബിൽ നിന്ന് പോലും ലൈറ്റ് തെളിയാൻ നമ്മുടെ ജീവിതം അത്ര അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ കഴിയും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മൾ രാവിലെ പൗലോസിനെ പറ്റി പഠിച്ചു പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് വലിയ പൗലോസ് പറഞ്ഞത് സ്വർഗീയ വെളിച്ചം പൗലോസിൻ്റെ ജീവിതത്തിൽ കടന്നു എന്നാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നിങ്ങളിവിടുന്ന് വാക്കുകൾ കേട്ടു നിങ്ങളെ ദൈവം നീതീകരിക്കുന്നു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് സ്വർഗീയ വെളിച്ചമല്ല ദൈവം പൗലോസിനോട് മുഖപക്ഷം കാണിച്ചു നിങ്ങൾക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി തരികില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം നമ്മുടെ മുമ്പിൽ നമ്മൾ ചെല്ലുന്ന ഏത് അവസ്ഥയിലും ദൈവം നമ്മളെ സ്വീകരിക്കും നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കും വേറെ ഒന്ന് പരിസ്ഥാത്മാവുമായി നമ്മൾ പ്രത്യേകിച്ച് പരിസ്ഥാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈയൊരു ചിന്ത ദൈവം പക്ഷപാതം ചെയ്യുകയില്ല ദൈവം ഇവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം എനിക്കും തരും എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിലത്തെ തലമുറയിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് സഹോദരന്മാരിൽ പ്രവൃത്തി ചെയ്ത് എൻ്റെ മുമ്പിൽ മാതൃകയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തരും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ ഇങ്ങനെ ദൈവം ദൈവം പക്ഷപാതം കാണിക്കുകയില്ല മുഖപക്ഷം കാണിക്കുകയില്ല അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ ഇതിനോട് ഒരു പ്രതികരണം അല്ലേ എൻ്റെ മനസ്സിൽ വേണം ദൈവത്തിൻ്റെ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ബൈബിൾ പറയുന്നു ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണം അതുപോലെ ദൈവം പക്ഷപാതം കാണിക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു ഇതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ജോഷോ ജോഷോയുടെ പുസ്തകത്തിൽ ജോഷോ ഒന്നിൻ്റെ ആറ് ഇത് ദൈവം ജോഷോയ്ക്ക് കൊടുത്ത കൽപ്പനയാണ് ഒന്ന് അഞ്ച് ആറ് നിന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഈ ഈ ഒരു വാക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉറപ്പ് അല്ലേ പറഞ്ഞാൽ അറിയാം നമ്മൾ നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കേട്ട വചനങ്ങളുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ഭാരങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടു എന്നൊരു കാര്യത്തിന് നിങ്ങൾ നല്ല ആ ഒരു സ്ഥലത്ത് നിങ്ങൾ നല്ല ഉറച്ചു നിൽക്കുക ഇന്നലെ നമ്മൾ വടംവലി വലിച്ചപ്പോൾ അറിയാം ഇല്ല ചില സഹോദരന്മാരൊക്കെ ചിലർ പറഞ്ഞ് എനിക്ക് വടം വലിക്കണ്ട പക്ഷേ വടത്തിൽ ചെന്നപ്പോഴത്തേനും അവരുടെ മട്ടൊക്കെ മാറി രണ്ട് കൈ കൊണ്ടും പിടിക്കുകയും രണ്ട് കാലും നിലത്ത് ഉറപ്പിച്ച് എത്ര എത്ര സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളവിടെ നിന്നത് ഇപ്പോൾ കബഡി കളിച്ച സമയത്തൊക്കെ പുറകിൽ വരിയിൽ നിന്ന സാവമൊക്കെ എങ്ങനെയാണ് നിന്നത് ഇല്ല രണ്ട് കൈയും രണ്ട് കാലും നിലത്ത് ഉറപ്പിച്ചാണ് നിന്നത് അപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ എന്തുകൊണ്ട് നമുക്ക് ആ ഉറപ്പ് കളികളിൽ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആ ഉറപ്പുണ്ടായിക്കൂടാ നമ്മൾ ദൈവം പക്ഷപാതം കാണിക്കുന്നവനല്ല അതുകൊണ്ട് ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ച പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം അരളിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവനായിരിക്കുക രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ശമൂവലിൻ്റെ പുസ്തകത്തിൽ ഇവിടെ ആദ്യത്തെ അധ്യായത്തിൽ ഹാന കഥ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഹാനയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഹാനയുടെ പ്രതിയോഗി അവളെ വളരെ മോഷിപ്പിക്കുമായിരുന്നു ഹാന കരഞ്ഞ് പട്ടിണി കിടന്ന് ഇതേപ്പറ്റി ഓർത്ത് ദുഃഖിക്കുമായിരുന്നു അപ്പോൾ ആർക്കും സഹതാപം തോന്നാവുന്ന ഒരു ജീവിതം അങ്ങനെ ഒരു ജീതമായിരുന്നു ഹാനുടേത് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളില്ല വളരെ വിഷമവും ദുഃഖവുമുള്ള ഒരു ജീവിതമായിരുന്നു ഹാനുടേത് ഇവിടെ നമ്മൾ പറയ വായിക്കുന്നിവിടെ ഹാന ഒമ്പതാമത്തെ വചനം അവൾ പത്താമത്തെ വചനത്തിൽ അവൾ മനോവ്യഥന വ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു ഇത് എനിക്ക് തോന്നുന്നത് ദേവാലയത്തിൽ വെച്ച് നടന്ന ഒരു കാര്യമാണ് ഇവിടെ യഹോവയുടെ മന്ദിരത്തിൻ്റെ കാര്യം എല്ലാം അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഹാന ഇങ്ങനെയാണ് ദേവാലയത്തിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ ഒത്തിരി മനസ്സിലുള്ള വിഷമങ്ങളോടെ ഒത്തിരി ഭാരങ്ങളോടെയാണ് ഹാന ദേവാലയത്തിലേക്ക് കടന്നു വന്നത് ഇപ്പം നമ്മളിൽ നിങ്ങൾ പുറത്ത് നിങ്ങളെല്ലാവരും ചിരിച്ച് കളിച്ചാണ് ഇരുന്നത് ഇല്ലേ ഇവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മീറ്റിങ്ങിന് കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ മറ്റാരോടും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളും കൺഫ്യൂഷനുമൊക്കെ ഒരുപക്ഷെ ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെയാണ് നമ്മൾ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നത് അല്ലേ പക്ഷേ ഹാന തിരിച്ച് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോയത് അല്ല തൻ്റെ ഈ യഹോവയുടെ മന്ദിരത്തിലേക്ക് വന്നിട്ട് ഹാന എങ്ങനെ കടന്നു പോയി എന്നുള്ളത് പതിനെട്ടാ പത്തൊമ്പത് വച വചനത്തിൽ എഴുതിയിട്ടുണ്ട് അടിയനിൽ അടിയനെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറായിട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഹാന മന്ദിരത്തിലേക്ക് പോകുന്നു കരഞ്ഞ് മുഖമെല്ലാം മറിച്ച് മറ്റുള്ളവരുടെ ഇപ്പോൾ മന്ദിരത്തിലേക്ക് പോകണമെങ്കിൽ വഴിയിലൊക്കെ ആൾക്കാർ നിപ്പുണ്ടെങ്കിൽ അവരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റാത്ത വിധം വ്യസനത്തോടെയാണ് ഹാന മന്ദിരത്തിലേക്ക് നടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരുപക്ഷെ നമ്മൾ അങ്ങനെ നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നത് പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഹാന പോയ പോലെ മുഖം വാടാതെ അങ്ങനെ പോകണമെന്നാണ് ദൈവം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ എങ്ങനെയാണ് ഹാനയുടെ വിഷമം മാറിയതവിടെ ഹാന നമുക്കറിയാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പുരോഹിതനായ ഏലി വന്ന് ഹാനയ്ക്കൊരു ഉറപ്പ് കൊടുത്തു നീ നിൻ്റെ ഏലി പറഞ്ഞു പതിനേഴാമത്തെ വചനത്തിൽ നീ സമാധാനത്തോടെ പോവുക ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകും അപ്പോൾ ഏലി അവൾക്ക് വന്ന ഒരു ഉറപ്പാണ് കൊടുത്തത് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ദൈവം കൊടുത്തു ആ വിശ്വാസം അവളുടെ ഉള്ളിൽ വന്നപ്പോൾ അത് മുഖത്ത് പ്രകാശിച്ചു അപ്പോൾ നിങ്ങൾ മുഖപക്ഷമില്ലാത്ത ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവം കേട്ടു എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാവട്ടെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചാപ്റ്ററിൽ നമ്മളൊരു ദൈവ കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വിശ്വസിക്കാൻ വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ദൈവത്തോടൊരു കാര്യം ചോദിച്ചു ഞാനത് ദൈവമേ ഞാൻ ചോദിച്ച കാര്യം അവിടുന്ന് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് സാക്ഷ്യം പറയാനൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവം ഞാൻ അതെനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യം ബാംഗ്ലൂർ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഒരു സഹോദരനോട് ഞാൻ പരിശുദാത്മാവിനെ ചോദിച്ചു വളരെ താലന്തുകളുള്ള ഒരു സഹോദരനോട് അപ്പം ഞാൻ ചോദിച്ചത് സഹോദരൻ എങ്ങനെയാണ് അവിടെ നിന്ന് റിസീവ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉള്ളിൽ പ്രതീക്ഷിച്ചത് ബ്രദർ ഒരു വലിയ ഒരു സാക്ഷ്യം എന്നോട് പറയും അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ എനിക്കിത് ലഭിച്ചു ഇങ്ങനെ എനിക്ക് പക്ഷേ ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവം എനിക്ക് തന്നു കാരണം വേദപുസ്തൃകത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം മക്കളൊക്കെ മത്സ്യം ചോദിച്ചാൽ പാമ്പിന് കൊടുക്കില്ല അപ്പം ഞാൻ പിതാവിനോട് ചോദിച്ചു പിതാവി എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു ഗലാത്യലേഖനം നാലിൻ്റെ ആറെന്ന് പ്രസിന്റ് ചെയ്യും നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു ഇത് എനിക്ക് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വചനമാണ് ദൈവം നമുക്ക് പരിസ്ഥാത്മാവിനെ നൽകുന്നത് നമ്മൾ മക്കളായതുകൊണ്ടാണ് അല്ലേ മക്കളായതുകൊണ്ടാണ് ദൈവം പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു ഉറപ്പോടെയും ഹാന ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോയത് മുഖം വാടാതെ സന്തോഷത്തോടെ തല ഉയർത്തി നിങ്ങൾ കടന്നു പോ പോകുവാൻ നിങ്ങൾ നിങ്ങളുടെ കളിയിലും സ്പോർട്സിലും മറ്റ് കാര്യങ്ങളിലുമുള്ള ഉറപ്പും ആവേശവും എല്ലാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു